നിങ്ങൾക്കെന്തെങ്കിലും നന്മ ലഭിച്ചാൽ അതവരെ ദുഃഖിപ്പിക്കും നിങ്ങൾക്കെന്തെങ്കിലും വിപത്ത് സംഭവിച്ചാൽ അവർ അതിൽ സന്തോഷിക്കും എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ അവരുടെ തന്ത്രങ്ങൾ നിങ്ങൾക്ക് യാതൊരു ദോഷവും വരുത്തില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു സുബഹാനഹൂവത്ത് ആല വലയം ചെയ്തിരിക്കുന്നു